പാർത്ഥസാരേണ ശ്രാവയശുഭിര പാർത്ഥസോർത്തിനീ പ്രാശുപ്രതൈ സ്ഥിരചരനികോകാൻ ഭുക്ോന് സ്തവിഷ്ടാൻ പുനരപി ഷണോദ്ഭാസിതാമജനിയൻ പീവാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരപുങ് മായ ഭോജയന്നയാഖ്യം പരമ അമൃതം അജം ബ്രംഹയത്തന്നോസ്മീ മൂന്നാമത്തെ അധ്യായ അസാനിക് യോഗസ്ഥിതിയെ പറഞ്ഞു എങ്ങനെയാണ് യോഗസ്ഥിതിയിൽ ഇരിക്കേണ്ടത് യോഗം എന്ന് വെച്ചാൽ എന്താണ് നില നമ്മൾ പറഞ്ഞു യോഗമാണ് നഷ്ടമായത് യോഗം പുരുഷാർത്ഥമാണ് നിലതാണ് പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യത്തിൽ നിന്നും പറഞ്ഞു അപുരുഷാർത്ഥ സംബന്ധം പുരുഷാർത്ഥ സംബന്ധമില്ലെങ്കിൽ യോഗം നഷ്ടപ്പെട്ടു പുരുഷാർത്ഥം എന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ മനുഷ്യന് മാത്രം നേച്ചറിൽ പ്രകൃതിയില് ഒരു സ്വതന്ത്ര ബുദ്ധി വിൽ പവർ തന്ന പോലെ ഒരു പ്രതീതി നമുക്കുണ്ട് അത് വെച്ചുകൊണ്ടാണ് മൃഗങ്ങളും മറ്റൊന്നും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് ആകാശത്തിൽ പറക്കണു വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്നു ഭൂമി കുഴിച്ചാഴത്തിൽ പോകുന്നു എല്ലാം മനുഷ്യൻ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുന്നതും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതും ഒക്കെ ഈ വിൽപവർ കൊണ്ടാണ് പക്ഷെ ഈ വിൽ പവർ മനുഷ്യനില് വെച്ചിരിക്കണത് ടു അച്ചീവ് സംതിങ് എന്തോ ഒന്ന് നേടിയെടുക്കാനാണ് ആ നേടിയെടുക്കാനുള്ള ആ ലക്ഷ്യത്തിന് പേരാണ് പുരുഷാർത്ഥം മനുഷ്യനിൽ മാത്രം ഈ സ്വതന്ത്രമായ ഒരു പവർ പ്രവർത്തിച്ചു തുടങ്ങുന്നു ആ പവർ കൊണ്ടാണ് മനുഷ്യൻ യോഗസ്ഥിതിയിലിരിക്കുന്നത് മനുഷ്യന് മാത്രമേ യോഗസ്ഥിതിയിലിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ അപൂർവമായി മൃഗങ്ങളുമൊക്കെ നടക്കും മൃഗങ്ങളിലൊക്കെ പക്ഷെ അത് എക്സെപ്ഷൻസ് ആണ് മനുഷ്യന് ഈ സ്വാതന്ത്ര്യമുള്ളു സ്വതന്ത്രമായി നമുക്കൊരു ലക്ഷ്യമുണ്ട് ജനിച്ച കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നോ അറിയുന്നില്ലയോ ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് ഈശ്വര സാക്ഷാത്കാരമാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് ഭക്തിയുടെ ഭാഷയിൽ പറയണം ജ്ഞാനത്തിന്റെ ഭാഷയിൽ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയും യോഗികൾ യോഗം എന്ന് പറയും ചിത്തവൃത്തി യോഗം എന്ന് പറയും എന്ത് പേര് പറഞ്ഞാലും അനുഭവം ഒന്നാണ് ആ അനുഭവമാണ് ശരീരം എടുത്തു വന്ന ഓരോ പ്രാണിക്കുമുള്ള ലക്ഷ്യം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ മൂവ്മെന്റ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനോട് ഘടിച്ചു കഴിയുമ്പോ ലക്ഷ്യം സാധിക്കും അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ഇത് സ്വീകരിക്കുക ശുദ്ധബുദ്ധിയാണെങ്കിൽ ഋഷികൾ പറയുന്നു ശാസ്ത്രം പറ മഹാത്മാക്കളൊക്കെ പറയണു എന്ന് സ്വീകരിച്ചാലും മതി നമുക്കത് ലക്ഷ്യം എന്താണെന്ന് അറിയുമൊന്നും വേണ്ട ഇവിടെ ഉള്ളതൊന്നും അല്ല ലക്ഷ്യമെന്ന് അറിഞ്ഞാ മതി പണം സമ്പാദിക്കുകയും പേരും പ്രസിദ്ധിയും നേടുകയും സാധാരണ സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും സുഖവും ദുഃഖവും അനുഭവിക്കുകയും ഇതൊന്നും ലക്ഷ്യമല്ല പക്ഷെ ഇതൊക്കെ ചെയ്യണ്ട എന്ന് ആരും പറഞ്ഞില്ല ഇത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ആർക്കും സ്വാതന്ത്ര്യവുമില്ല നമ്മളുടെ ശരീരം ഇവിടെ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു ആ പ്രാരബ്ധത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കും അതിൽ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമേ ആ കാര്യങ്ങളൊന്നും ലോക ഒരു കാര്യവും നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കും കാരണം ഈ ശരീരം വരുമ്പോ തന്നെ എന്തെന്ത് ഈ ജന്മത്തിൽ നടക്കാനുണ്ടോ അതിന്റെ സീഡ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ വിത്തും കൊണ്ടാണ് വന്നിരിക്കുന്നത് ആ വിത്തൊക്കെ മുളയ്ക്കും നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ അറിയാം കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഭാവന ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ വേറെ എന്തൊക്കെയോ രീതിയിൽ വേറെ ഏതൊക്കെയോ സ്ഥലത്ത് സംബന്ധപ്പെടാൻ ഊഹിക്കുക പോലും ചെയ്യാത്ത ആളുകളുമായിട്ടൊക്കെ സംബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പൊ അപ്പൊ ഭാവന ചെയ്ത പോലെ ഒന്നുമല്ല അതിനൊരു ഒഴുക്കുണ്ട് അതിനനുസരിച്ച് ഒഴുകും പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം ബാഹ്യപ്രപഞ്ചത്തിലൊന്നുമല്ല തീരുമാനിക്കേണ്ട കാര്യം യോഗമാണ് യോഗമൊന്നു മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ളത് കർമ്മം നമുക്ക് വേണ്ടിയുള്ളതേ അല്ല കർമ്മത്തിനും നമുക്ക് നമ്മൾ സംബന്ധമേ ഇല്ല കർമ്മം നമുക്ക് പ്രയോജനപ്പെടുകയേ ഇല്ല ഒരു കർമ്മവും നമുക്ക് പ്രയോജനപ്പെടില്ല കർമ്മമൊക്കെ പ്രകൃതിയുടെ ആണ് കർമ്മം ലോകത്തിനു വേണ്ടിയാണ് കർമ്മം ബാഹ്യപ്രപഞ്ചത്തിലാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് മുഴുവൻ കർമ്മത്തിന് വേണമെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ ഇവിടെ അമർത്തിയാൽ അവിടെ പോയിട്ട് പേപ്പറിൽ അടിക്കണ പോലെ പുറമേക്ക് ഓരോ പ്രവൃത്തിയും അകമേക്ക് ഒരു മാർക്ക് ഉണ്ടാക്കി ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ കർമ്മം സ്വതന്ത്രമാക്കല നമ്മളെ കർമ്മം നമുക്ക് പൂർണമായും സുഖം തരലാണ് നമുക്ക് സുഖം തരുന്നതും സ്വാതന്ത്ര്യം തരുന്നതും യോഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നതിൽ കർമ്മത്തിനല്ല പ്രാമുഖ്യം യോഗത്തിനാണ് നല്ലവണ്ണം അറിഞ്ഞോളണം കർമ്മത്തിനല്ല കർമ്മത്തിനാണ് പ്രാമുഖ്യമെങ്കിൽ എല്ലാവരും കർമ്മം ചെയ്യേണ്ടല്ലോ ലോകത്തിലെ അവരൊക്കെ യോഗികളാവണം കർമ്മയോഗം എന്നുള്ളതിൽ യോഗത്തിനാണ് പ്രാമുഖ്യം കർമ്മത്തിനല്ല ശ്രദ്ധയോഗത്തിനാണ് ആ യോഗം രണ്ടുവിധത്തിൽ നേടിയെടുക്കാം ഒന്ന് പ്രവൃത്തി ലക്ഷണമായ മാർഗം നിവൃത്തി ലക്ഷണമായ മാർഗം അധികം പേരും പ്രവൃത്തി ലക്ഷണമായ മാർഗത്തിലാണ് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബാക്കിയൊക്കെ ഉപേക്ഷിച്ച് ഏകാന്തത്തിലിരുന്ന് ആത്മധ്യാനം ചെയ്യുന്നവരാണ് നിവൃത്തി ലക്ഷണമായ മാർഗത്തിലുള്ളവർ അങ്ങനെയുള്ളവർ ഇപ്പൊ വളരെ കുറവാണ് സന്യാസികൾ പോലും അങ്ങനെയല്ല പ്രവൃത്തി മാർഗത്തിലാണ് അപ്പൊ പ്രവൃത്തി മാർഗത്തിലിരിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ഗൃഹസ്ഥന്മാർക്ക് ഉള്ള മാർഗത്തിനെയാണ് ഭഗവാൻ ഇന്നലെ യോഗം എന്ന് പറഞ്ഞത് ഇഷു മനു വിവസ്വാൻ ഇവരൊക്കെ തന്നെ ഗൃഹസ്ഥന്മാരായ രാജാക്കന്മാരായിരുന്നു അവരിലൂടെ ഈ യോഗം ലോകത്തിലേക്ക് വന്നു യോഗം എന്താണ് എന്ന് കർമ്മയോഗത്തിന്റെ അവസാന ഭാഗത്ത് ഭഗവാൻ യോഗം എങ്ങനെ ചെയ്യണം ഇന്ദ്രിഭ്യ പരാഹ്യർ അർത്ഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സുദ്ധേ പരം ബുദ്ധ്വാ സംഭ്യ ആത്മാനം ആത്മന ജഹിശത്രു മഹാബാഹോ കാമൂപ്പം ദുരാസം ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിനെ ഗ്രഹിക്കുന്നത് കണ്ണുകൊണ്ട് ലോകത്തിനെ കാണുന്നു ചെവി കൊണ്ട് ലോകത്തിലെ വിഷയങ്ങൾ കേൾക്കുന്നു മൂക്കുകൊണ്ട് മണക്കുന്നു നാവ് കൊണ്ട് രുചിക്കുന്നു ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു ഈ അഞ്ചനുഭവമാണ് നമ്മുടെ പ്രപഞ്ചം ഈ അഞ്ചെണ്ണവും നടക്കുന്നത് ഇന്ദ്രിയം എന്ന് വെച്ചാൽ ഈ കണ്ണ് ചെവി ഇതൊക്കെ ബാഹ്യദ്വാരം മാത്രമാണ് ഇതിന്റെയൊക്കെ ഇന്നർ എക്യൂപ്മെന്റ്സ് മനസ്സിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്വപ്നത്തില് കാണും കേൾക്കും മണക്കും രുചിക്കും സ്പർശിക്കും അല്ലേ സ്വപ്നത്തിൽ കണ്ണുണ്ടോ ലൈറ്റ് ഇട്ടിട്ട് സ്വപ്നം കാണാൻ രാത്രി എങ്ങനെയാ സ്വപ്നം കാണണം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് പണിട്ട് തന്നെ പെടുത്തിക്കറേ അപ്പൊ എപ്പി പാക് സ്വപ്നം ബ്ലാക്ക് അൻ്റ് വൈറ്റാ കളറാ സ്വപ്നം കണ്ണാടി പോട്ടിട്ട് കണ്ണാടി പോവപ്നം പാകത്ത് കണ്ണാടി പോ കണ്ണാട ഇട്ടിട്ട് വേണ്ടല്ലോ സ്വപ്നം കാണാൻ അത് ഉള്ളിൽ കണ്ണുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് ഉള്ളിലുള്ള കണ്ണുകൊണ്ടാണ് സ്വപ്നത്തിൽ ആരെങ്കിലും ഒക്കെ സംസാരിച്ചാൽ കേൾക്കുന്നത് ഉള്ളിലുള്ള ത്വക്ക് കൊണ്ടാണ് സ്പർശിക്കുന്നത് ഉള്ളിലുള്ള നാവ് കൊണ്ടാണ് രുചിക്കണത് അപ്പൊ മനസ്സിലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സോർസ് അതിന്റെ സീഡ് മനസ്സിലുണ്ട് അതാണ് അർത്ഥം ഇന്ദ്രിയ പരാഹി അർത്ഥാഹ ഇന്ദ്രിയങ്ങളെക്കാളും സട്ടിൽ സൂക്ഷ്മം ആണ് ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങൾ ആ അർത്ഥങ്ങളാണ് ഇന്ദ്രിയ രൂപത്തിൽ ശരീരത്തിലും വിഷയരൂപത്തിൽ പുറത്തു നിൽക്കുന്നത് അർത്ഥേവ്യസ് ഈ അർത്ഥങ്ങൾ ഇന്ദ്രിയ അർത്ഥങ്ങളൊക്കെ മനസ്സിൽ ലോഡ്ജ് ആയിട്ടിരിക്കണത് കൊണ്ട് സങ്കല്പവികൽപാത്മകമായ മനസ്സ് അതിനേക്കാളും സൂക്ഷ്മമാണ് മനസ് ഉദിക്കുമ്പോ ഇതൊക്കെ ഉദിക്കുകയും മനസ്സ് അസ്തമിക്കുമ്പോൾ എല്ലാം ലയിക്കുകയും ചെയ്യും അല്ലേ സുഖമായി ഉറങ്ങുമ്പോ കഞ്ചന കാമം കാ കഞ്ചന സ്വപ്നം പശ്യത്തി ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും അറിഞ്ഞില്ല ചിലപ്പോ സത്സംഗത്തിന് ആദ്യം വന്ന് ഇരിക്കുന്നതും അറിയാം അവസാനം അറിയാം നടുവിലുള്ളതൊക്കെ എവിടെ പോയി ഓ എന്താ മനസ്സില്ല മനസ്സ് ലയിച്ചാൽ കേൾക്കില്ല കാണില്ല തൊടില്ല അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ് ആ മനസ്സിന് പേരാണ് അജ്ഞാനം എന്നുള്ളതും ആ മനസ്സ് അറിയുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത് മനസ്സ് അറിയാത്തത് നമ്മളൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് അറിവാണ് വലുത് നമ്മളുടെ എല്ലാ കുഴപ്പത്തിനും ദുഃഖത്തിനും കാരണം അറിവാണ് ചെറിയ കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കും അവർക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർക്ക് ഒരു ദുഃഖമില്ല ജ്ഞാനികളും രണ്ട് വശങ്ങളുണ്ട് ജ്ഞാനികൾക്ക് ഒന്ന് അറിയുന്നില്ല എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ടു നോ എബൌട്ട് ദ വേൾഡ് ആൻഡ് ടു നോ എബൌ ആൻഡ് ടു നോ ദ സെൽഫ് രണ്ടും വേണം അനാത്മ അജ്ഞാനവും ആത്മജ്ഞാനവും വേണം ആത്മജ്ഞാനം മാത്രം ഉണ്ടായിരുന്നിട്ട് അല്പ അനാത്മജ്ഞാനവും കലർന്നാൽ ദുഃഖം ഉണ്ടാവും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് അവർ കുറ്റം പറയുകയാണെങ്കിൽ വിഷമിക്കും നല്ലത് പറയുകയാണെങ്കിൽ സന്തോഷിക്കും അല്ല ഞാൻ കുറച്ച് അധ്യാത്മികമായിട്ടൊക്കെ ഉയരുകയാണെങ്കിൽ അവർ കുറ്റം പറയുകയാണെങ്കിൽ ലോകം അങ്ങനെയൊക്കെ പറയും പറഞ്ഞോട്ടെ എന്നൊക്കെ തോട്ട്സ് ചിത്തവൃത്തികളെ ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യൽ രണ്ടാം കടയാണ് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ അറിയാതിരിക്കുക ഒന്നും ഒരു ശബ്ദത്തിനും ഒരു പ്രാമുഖ്യവും കൊടുക്കണില്ല ആരെന്ത് പറയുന്നതും എന്റെ ഉള്ളിൽ കടക്കണില്ല ചിത്തവൃത്തികൾ ദുഃഖത്തിന് കാരണമാണ് ആ ഒരു സൂത്രം നമ്മൾ നേടിയെടുത്താൽ എന്നുവെച്ചാൽ ഈ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മമായ അർത്ഥവും അതിന്റെ സൂക്ഷ്മമായ മനസ്സും പ്രവർത്തിക്കാതായാണ് സ്റ്റിൽനെസ് ഇനിയോ ചുറ്റും പലതും നടക്കണോ നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണു പക്ഷെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നുവെന്നോ സ്തുതിക്കുന്നുവോ നിന്ദിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടത് വല്ലതും കിട്ടുന്നുവോ കിട്ടുന്നില്ലയോ ലോകത്തിൽ എന്ത് നടക്കണോ ന്യൂസ് പേപ്പർ ന്യൂസോ ഒന്നിലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല ഒന്നും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കടത്തുന്നുല്ല വ്യവഹരിക്കാൻ എത്ര കണ്ട് അത്ര കണ്ടു മാത്രം മുമ്പിൽ കാണുന്നത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും അതേസമയം നിങ്ങളുടെ ബുദ്ധി ക്വയറ്റായിട്ടിരിക്കുകയും സങ്കല്പ രൂപത്തിലുള്ള മനസ്സ് ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് പേരാണ് യോഗം അങ്ങനെ അതൊരു സൈഡേ ആയുള്ളൂ യോഗത്തിന്റെ മറ്റൊരു വശമുണ്ട് ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം അതാണ് ഭഗവാൻ പിന്നെയും പറയണത് മനസ്സസ്തു പരാബുദ്ധി ഇത്രയും ചിന്തിച്ച ഒരാളുണ്ട് അല്ലെ ചിത്തവൃത്തികളാണ് കൊഴപ്പം ഇതൊക്കെ ലോകസാമാന്യജ്ഞാനമല്ല ലോകത്തിൽ ഈ ജ്ഞാനമേ നിങ്ങൾക്ക് കിട്ടില്ല സ്കൂളിൽ പഠിച്ചാലും കിട്ടില്ല കോളേജിൽ പഠിച്ചാലും കിട്ടില്ല ഫിലോസഫി മെയിൻ എടുത്ത് പഠിച്ചാലും കിട്ടില്ല ഒന്നും കിട്ടില്ല ഈ അറിവ് ലോകത്തിൽ ഒബ്ജക്റ്റീവ് നോളജേ ഉള്ളൂ വെൻ യു ബിക്കം സ്പിരിച്വലി ഓറിയന്റഡ് വെൻ യു ബിക്കം ഇൻട്രോവേർ യു ഗെറ്റ് സബ്ജക്റ്റീവ് നോളജ് അത് തരുന്നത് ബുദ്ധിയാണ് ഈ ബുദ്ധി പറയണു ഈ മനസ്സാണോ കുഴപ്പക്കാരൻ മനസ്സിനെ പുറമേക്ക് വിട്ടരുത് പുറം ലോകത്തിൽ ഒന്നും അറിയണ്ട എന്തൊക്കെ നടന്നാലും ജാഗ്രത സുഷുപ്തിയിലിരിക്കുക എന്നാണ് ജാഗ്രത സുഷുപ്തിയിൽ ഇരിക്കുക മുമ്പിൽ പലതും നടക്കണു അത് അതാണ് ലോകമില്ലാത്ത സ്ഥിതി എന്ന് പറയണത് അലോകസ്ഥിതി എല്ലാം ഉണ്ട് മുമ്പിൽ പക്ഷെ ഒന്നും നിങ്ങളെ ബാധിക്കണില്ല എല്ലാത്തിന്റെ നടുവിലും ഇരുന്നിട്ടും ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കാൻ ബുദ്ധിയാണ് പഠിപ്പിക്കണത് പക്ഷെ ആ ബുദ്ധിയും പ്രവർത്തിച്ചു കാര്യം നടക്കില്ല ും നിശ്ചലമാവണം നിശ്ചേമാവണം ബുദ്ധിയുടെ ചേഷ്ടുദ്ധിശ്ചന വിചേം ആഹു പരമാം ഗതി കഠോപനിഷത്തില് ഉള്ള മന്ത്രമാണ് അഞ്ച് ഇന്ദ്രിയങ്ങളും പുറം വസ്തുക്കളെ അകമേക്ക് കൊണ്ടുവരാതിരിക്കുന്നു ജ്ഞാനിയുടെ കണ്ണ് ആടിന്റെ കണ്ണിനെ പോലെയാണെന്ന് പറയും ചിലർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് പഴയ കാലത്ത് തന്നെ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു ആടിന്റെ കണ്ണ് വെച്ചു മരിച്ച ആടിന്റെ കണ്ണൊക്കെ എടുത്തിട്ട് ഫിറ്റ് ചെയ്തു കൊടുക്കും അവിടെ ചിലർക്ക് കണ്ണൊക്കെ യുദ്ധത്തിൽ പോയാൽ പക്ഷെ ആ കണ്ണുപോലെ ഉണ്ടാവുന്നില്ല അത് കാണില്ല അതുപോലെ പുറം വസ്തുക്കളെ ഒന്നും കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഇന്ദ്രിയങ്ങൾ പുറം വിഷയങ്ങളെ കൊണ്ടുവന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമുക്ക് ഒരുപാട് അറിവ് വേണം ജീവിക്കാൻ എന്നാണ് അത്രയൊന്നും അറിവൊന്നും വേണ്ട ജീവിക്കാൻ ജനറൽ നോളേജ് അല്ലേ അതിന് നമ്മൾ നോളേജ് അല്ലാതെ ജനറൽ അജ്ഞാനം ജനറൽ ഇഗ്നറൻസ് ആണത് വേണ്ടാത്തതൊക്കെ കൊണ്ടുവരിക അല്ലെ ഔരംഗസീബ് എപ്പോ മരിച്ചു അക്ബർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ പേരെന്താണ് പാനീപത്ത് യുദ്ധം എപ്പ നടന്നു എന്തിനകത്ത് എന്ത് വേണം എനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം ഇത് എങ്ങനെ കുട്ടികളെ ബൈഹാർത്ത് ചെയ്തുകൊണ്ടിരിക്ക മുത്തശ്ശന്റെ പേര് ചോദിച്ചറിയില്ല ഇതിനാണ് നമ്മള് അറിവ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വാല്യൂസ് കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് നമ്മൾ പറയുന്ന സൊസൈറ്റി സമൂഹം അപ്പൊ സമൂഹം അജ്ഞാനത്തിന്റെ സന്തതിയാണ് ഒരിക്കലും കുറച്ച് ബുദ്ധിയുള്ള ആൾക്ക് സമൂഹത്തില് ചേർന്നു പോവാൻ സമൂഹത്തിന്റെ നിയമങ്ങളും സമൂഹം അംഗീകരിച്ചിരിക്കുന്ന വ്യവസ്ഥകളും പലതും അജ്ഞാനത്തിന്റെ ആണ് അവരുടെയൊക്കെ നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും നമ്മളുടെ ജീവിതം പകുതി മുക്കാലും തൊളഞ്ഞു പോകും അപ്പൊ ഇവിടെ വലുതായിട്ട് അറിയാനൊന്നുമില്ല എനിക്കിപ്പോ ഇത് അറിഞ്ഞിട്ടൊന്നും വേണ്ടെന്നാണ് എന്തോ നടക്കട്ടെ ഇപ്പൊ വളരെ രസമായൊരു അറിവാണ് വന്നിരിക്കണത് കമ്പ്യൂട്ടർ പഠിച്ചു എന്ന് പറഞ്ഞ അഭിമാനിക്കുമ്പോഴേക്കും അത് മാറും നല്ല അറിവാണ് പഠിച്ചു എന്ന് പറഞ്ഞൊരു അഭിമാനം രണ്ട് വർഷം ഒരാൾ പഠിച്ചു അത് കഴിഞ്ഞ ഓഫീസിൽ പോകുമ്പോഴാണ് പറയണത് യു ഹാവ് ടു ടേക്ക് എ ന്യൂ കോഴ്സ് എന്താ വെച്ചാൽ അതൊക്കെ മാറി പഠിച്ചതൊക്കെ ഒക്കെ വേസ്റ്റായി ബഹുവിശേഷമായ ഒരു അറിവിന്റെ മണ്ഡലത്തിലാണ് ഇപ്പൊ വന്നിരിക്കണത് ഇപ്പോ എന്താണ് സാധാരണ സയൻസ് നാച്ചുറൽ സയൻസ് പോലും ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പോയി പറഞ്ഞൂല ഇവയെല്ലാം ഈ ഒരു സാധനമാണ് അവസാനം നമ്മൾക്ക് ബ്രെയിനിൽ പ്രവർത്തിക്കാത്ത സ്ഥിതിയാവും അപ്പോ പുറം ലോകത്തിലെ അറിവിന് ലിമിറ്റേഷൻ ഉണ്ട് പുറം ലോകത്തിലെ അറിവ് ജഡത്തിന്റെ അറിവാണ് ആ അറിവ് നമുക്ക് ശാന്തി എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് സമ്യക് ജാനത്തിൻ്റെ ഒരു ഭാഗമാണത് അതറിഞ്ഞാൽ നമ്മളുടെ ജിജ്ഞാസ കുറയും ജിജ്ഞാസ കുറയും ലോകത്തിൽ അറിയാനുള്ള ജിജ്ഞാസ അതൊക്കെ എനർജിയാണെങ്കിൽ നമുക്ക് ഭഗവാൻ അഥവാ നമ്മൾ ജനിപ്പിച്ച നമ്മളെ ജനിപ്പിച്ച ആ ശക്തി കുറച്ച് പവർ തന്നിട്ടുണ്ട് നമ്മളുടെ ഉള്ളിൽ ആ പവറാണ് നമ്മളുടെ ഉള്ളിൽ ജിജ്ഞാസയായിട്ടും ഭയമായിട്ടും സ്നേഹമായിട്ടും പല ശക്തിയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നത് അതൊക്കെ നമ്മള് കുറച്ച് പണം കയ്യിൽ തന്നിണ്ടെങ്കിൽ ആ പണമൊക്കെ തൂത്തുകളഞ്ഞാൽ പിന്നെ ആവശ്യത്തിനൊന്നും കയ്യിലുണ്ടാവില്ലേ അല്ലെ ഈ ഫാക്കൾട്ടീസിന് മരുഭൂമിയിൽ ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം കൊടുത്ത് മരുഭൂമി ക്രോസ് ചെയ്യണമെങ്കിൽ ആ വെള്ളം അയാൾ എങ്ങനെ ഉപയോഗിക്കും ആവശ്യത്തിന് മാത്രം കുടിച്ച് വയ്ക്കുമല്ലേ അതുപോലെ ഈ ഫാക്കൾട്ടീസിനുമൊക്കെ നമ്മളുടെ ഹിതത്തിനായിട്ട് ഉപയോഗിക്കാനായി സംരക്ഷിക്കുന്നവനാണ് ബുദ്ധിശാലി വേണ്ടാത്തത് അറിയുന്നതിനും വേണ്ടാത്തത് അറിവ് അറിഞ്ഞ് അഭിമാനിക്കുന്നതിനും പകരം എന്നെ സംരക്ഷിക്കാനായിട്ടും ഞാൻ കുറച്ചു കാലം ജീവിച്ചു മരിച്ചുപോകും അതിനു മുമ്പ് വാസ്തവമായിട്ടുള്ളത് എന്തോ സത്യമായിട്ടുള്ളത് എന്തോ അതിനെ എനിക്ക് അറിയുകയും കണ്ടെത്തുകയും അതിനെ എന്റെ സ്വന്തമാക്കുകയും ചെയ്യണം അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഏറ്റവും വലിയ തടസ്സം സമൂഹമാണ് സമൂഹത്തിന്റെ നിയമങ്ങളാണ് സമൂഹത്തിന്റെ വ്യവസ്ഥിതിയാണ് സമൂഹത്തിന്റെ വ്യവസ്ഥിതിയെ അംഗീകരിച്ചു നമുക്ക് ചുറ്റുമിരിക്കുന്ന നമ്മളുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും നമ്മളുടെ ഗവൺമെന്റും ഒക്കെയാണ് അവരൊക്കെ നമുക്കെതിരായിരിക്കും അവരോട് യുദ്ധം ചെയ്യാൻ പോയാൽ അതിൽ നമ്മളുടെ കുറെ എനർജി പോകും അതുകൊണ്ട് അവരോട് യുദ്ധവും ചെയ്യാൻ പാടില്ല പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് പോകുന്ന അർജുനനെ പോലെ പോകണം ഭഗവാൻ മഹാഭാരതത്തില് പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് അർജുനൻ ഈ ജയദ്രത പോകുമ്പോൾ ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോണത് അങ്ങനെയാണ് വഴിയിലൊക്കെ വൈകുന്നേരത്തിനുള്ളിൽ ജയദ്രതനെ വധിക്കണം വഴിയിൽ ഭീഷ്മർ നിൽക്കുന്നു ദ്രോണർ നിക്കുന്നു കൃപരെ നിൽക്കുന്നു ഇവരൊക്കെ പറയണോ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാതെ നീ എങ്ങനെ പോകും ചോദിക്കുന്നു ഭഗവാൻ പറയണു അവരെയൊക്കെ നമസ്കരിച്ചിട്ട് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് പോകാം എന്നാണ് സമയമില്ല ഇവരോടൊക്കെ യുദ്ധം ചെയ്ത യു വിൽ ലൂസ് ടൈം യു വിൽ ലൂസ് എനർജി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അപ്പൊ പുറം ലോകത്തിനെ ശരിയാക്കാനോ പുറം ലോകത്തിനോട് ചണ്ടകൂ ചണ്ട കൂടാനോ നമുക്ക് സമയമില്ല അതിനുമൊക്കെ അങ്ങോട്ട് നമസ്കരിച്ച് വട്ടം ചുറ്റി അതിനുമൊക്കെ അതിന്റെ പ്രാരബത്തിന് വിട്ട് ചിത്തവൃത്തികളെ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഫാക്കൽറ്റീസ് മുഴുവൻ ആത്മസാക്ഷാത്കാരത്തിനായി സംഭരിച്ചു വെച്ചുകൊണ്ട് ജിജ്ഞാസയെ ആത്മജ്ഞാനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പോകണം അവസാനം ഇതൊക്കെ പറഞ്ഞു ബുദ്ധിയും നിശ്ചലമാവണം യോ ബുദ്ധേഹേ പരതഹ ബുദ്ധിക്ക് അപ്പുറം ഒരാളുണ്ട് സുഖമായിട്ട് ഉറങ്ങുമ്പോ ദിവസവും ബുദ്ധിയും എവിടെയോ പോയി ലയിക്കണം ഒന്നും അറിഞ്ഞില്ല അല്ലേ ശരീരമില്ല മനസ്സില്ല അഹങ്കാരമില്ല ഒന്നും അറിഞ്ഞില്ല ഉറക്കത്തിൽ അല്ലെ ഉറക്കത്തിൽ ആർക്കും ദുഃഖവുമില്ല ജാഗ്രതത്തിലും സ്വപ്നത്തിലും ദുഃഖമുണ്ട് സ്വപ്നത്തിൽ ചിലപ്പോൾ ദുഃഖിക്കും ജാഗ്രതത്തിലും ദുഃഖിക്കും എന്തുകൊണ്ട് ആ മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ഞാൻ എന്നുള്ള ഭാവമുണ്ട് സുഷുപ്തിയിൽ അതില്ലാത്തത് കൊണ്ട് ദുഃഖമില്ല അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം തെളിയുന്നു സകല ദുഃഖത്തിനും മൂല കാരണം മനസ്സാണ് അഹങ്കാരമാണ് അതില്ലാത്ത സുഷുപ്തി അവസ്ഥയിൽ ദുഃഖമില്ലായ്മ കൊണ്ട് തന്നെ അറിവാണ് ദുഃഖത്തിന് കാരണം അന്യജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം എന്നറിയണം സുഷുപ്തിയിൽ ഇരുന്ന പോലെ തന്നെ വേക്കിംഗ് സ്റ്റേറ്റ് ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം എല്ലാത്തിനെയും ഉപശമിപ്പിച്ച് ബുദ്ധിക്ക് സാക്ഷിയായി നിൽക്കുന്ന ഒരു അവബോധമുണ്ട് എല്ലാത്തിനെയും കണ്ടുകൊണ്ട് അത് സുഷുപ്തി അവസ്ഥയിലും ഉണ്ട് സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ആ സുഖം ആരനുഭവിച്ചു എല്ലാവർക്കും സുഷുപ്തിയിൽ പോകാൻ ഇഷ്ടമാണ് തൂങ്കരത്തു രിക്കും ഇല്ല കാത്താലും സ്കൂൾ പുറത്തേക്ക് തന്നെ കഷ്ടമായിരിക്കണം എഴുപ്പി വിട്ടിടുകയാണ് സുഷുപ്തിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുമ്പോഴാണ് കഷ്ടം ബ്രഹ്മഹത്യാന്നാണ് പറയണത്തത് എന്താന്ന് വെച്ചാൽ സുഖമായിട്ടിരിക്കുകയാണ് അവിടെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിടുമ്പോ യു കം ബാക്ക് ടു ദിസ് മിസ്സറബിൾ വേൾഡ് അവിടെ സുഖമായിട്ടിരുന്നു ഒരു പ്രശ്നമില്ല ഒരു ദുഃഖമില്ല സുഷുപ്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ എന്ന ഈ വ്യക്തിബോധമില്ല ഉറങ്ങി നോക്കണം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നോക്കണം രാവിലെ ഉറങ്ങി എഴുന്നേറ്റോടനെ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിക്കുക ഒരമണിക്കൂർ മുമ്പ് ഞാൻ എവിടെ ആയിരുന്നു ആദ്യമൊന്നൊന്നും പിടികിട്ടില്ല കുറെ ദിവസം യു നോക്ക് നോക്ക് മുട്ടിക്കൊണ്ടേയിരിക്കുക എന്തായിരുന്നു ആ സ്ഥിതി എന്താണ് നമ്മള് ശ്രദ്ധിക്കാതെ പോയതും നമ്മൾ ജീവിതത്തിൽ മാക്സിമം ചെയ്യുന്നതുമായ ഒരു കാര്യം ഉറക്കം അല്ലേ കുട്ടിക്കാലത്ത് പത്ത് ഇരുപത് മണിക്കൂറൊക്കെ ഉറങ്ങും പിന്നെ പതുക്കെ പതുക്കെ ഉറക്കം കുറഞ്ഞു വരും ഇപ്പോഴും മോശമൊന്നുമല്ല ഉറക്കം ധാരാളം ഉണ്ട് പക്ഷെ ആ ഉറക്കത്തിന് ഉറങ്ങുന്നു എന്നല്ലാതെ ഉണരുമ്പോ അതിനൊന്നും ശ്രദ്ധിക്ക എന്തായിരുന്നു ആ സ്ഥിതി ഒരു അരമണിക്കൂർ മുമ്പ് എന്തായിരുന്നു രാത്രി ഒരു മണിക്ക് എവിടെയായിരുന്നു പന്ത്രണ്ട് മണിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊന്നും ആലോചിച്ചാൽ കിട്ടില്ല ഉറങ്ങിയ ആള് എഴുന്നേറ്റിട്ട് ആലോചിക്കണം അർദ്ധരാത്രി സമയത്ത് ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു സ്ഥിതി അപ്പൊ നോക്കുമ്പോൾ ഞാനില്ല എന്റെ പ്രശ്നങ്ങളില്ല എന്റെ ഫാമിലി പ്രോബ്ലംസ് ഇല്ല ഒഫീഷ്യൽ പ്രോബ്ലംസ് ഇല്ല എന്റെ ശാരീരിക പ്രശ്നങ്ങളില്ല മാനസിക പ്രശ്നങ്ങൾ ഇല്ല പ്രശ്നങ്ങളില്ല ഒന്നുമില്ല അവിടെ ആ സ്ഥിതിയിൽ പക്ഷേ സുഖമായിരുന്നു ആ സുഖം എവിടുന്ന് വന്നു സുഖമായി ഇരുന്നു എന്നാണ് സുഖമായിരുന്നു ഞാൻ ദർ ദ റിയൽ ഐ വാസ് ദർ നോട്ട് ദിസ് ഐ ഈ അഹങ്കാരൂപത്തിലുള്ള അഹങ്കാരൂപത്തിലുള്ള ഞാൻ അവിടെ ഇല്ല പക്ഷെ അസ്തിത്വ രൂപത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എക്സിസ്റ്റൻസ് വാസ് അൺഡ് അൺഅഡൾട്രേറ്റഡ് അസ്തിത്വം അവിടെ ഉണ്ടായിരുന്നു ആ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊരു വസ്തു ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് നമ്മളുടെ മനസ്സിനും ഈ പ്രസംഗിക്കുന്നതിനും ഒക്കെ പുറകിൽ ഈ കേൾക്കുന്നവരുടെ കേൾക്കുന്നതിന് പുറകിൽ അതുണ്ട് നിങ്ങൾ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആനന്ദം ഉണ്ടായാൽ ആ ആനന്ദം അവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ഉറക്കത്തിൽ ഏതിൽ ആഴ്ന്നിരുന്നുവോ ആ ഒരു സീക്രറ്റ് സെന്ററിൽ നിന്നാണ് ഇത്തിരി ആനന്ദം ഊറി മനസ്സിലേക്കൊക്കെ വരുന്നത് സുഖമായിരിക്കണെന്ന് പറയണത് നന്നായിരുന്നു ആ നന്നായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്നല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് എന്ന് വിളിക്കുന്ന ആ കാരണ ശരീരത്തിന്റെ എന്താണ് ഹസ്യ അറയുടെ ഉള്ളിൽ നിന്നുമാണ് ഇത്തിരി അത് വന്നത് ആ ആനന്ദം ആ ആനന്ദം നമ്മളുടെ സ്വരൂപമാണ് സുഷുപ്തിയിൽ ഏതൊന്നും ഉണ്ടായിരുന്നു ആ ആത്മാശ്വരൻ ബ്രഹ്മം പൂർണ്ണ വസ്തു ഇപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ എല്ലാത്തിനെയും കണ്ട സാക്ഷി ആ സാക്ഷി താൻ താനേ താനേ തത്വം മണ ഭഗവാൻ സ്വരൂപം താനേ താനേ തത്വം അത് പാക അഹങ്കാരെ ഒന്നെ പ്രകാശപ്പെടുത്താ അരുണാചല അഹങ്കാരത്തിനെ വെച്ചുകൊണ്ട് ആ വസ്തുവിനെ എങ്ങനെ പിടിക്കും അത് സ്വയം പ്രകാശമാനമായിരിക്കുന്നു അതിനെ ഞാൻ എങ്ങനെ പോയി നേടും അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് സ്വയം പ്രകാശിപ്പിക്കൂ അപ്പോ അരുണാചലേശ്വരൻ ഉപദേശിച്ചു അത്രേ ഭഗവാൻ ഉപദേശം കൊടുക്കരാ തിരുമ്പി അഹം തനൈ ദിനമകൻ അരുണാചലാം തിരുമ്പി ബിക്കമിങ് ഇൻട്രോവർ ഉള്ളിൽ തിരിഞ്ഞ് ഞാൻ എന്നുള്ളതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം അനുഭവത്തിന്റെ സെന്ററിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തെരിയും യു വിൽ യുവർ ഫൈൻഡ് ദ ട്രൂത്ത് ഞാൻ എന്താണ് ഈ അനുഭവിക്കുന്ന ആൾ ആരാണ് ബുദ്ധിക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് ആരു പ്രവർത്തിക്കുന്നു ആരുള്ളത് കൊണ്ട് ഈ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ സ്വയമത് സ്വയം പ്രകാശിക്കും അരുണാച്ചല്ല ആ അറിവ് ഏവം ബുദ്ധേഹേ പരം ബുദ്ധ സംസ്തഭ്യ ആത്മാനം ആത്മനാം തന്നെ തന്നെ കൊണ്ടടക്കി തന്നിലിരുന്നാൽ എന്നുവച്ചാൽ സാക്ഷി മാത്രമായിട്ടുള്ളിൽ ഇരിക്കാൻ പഠിച്ചാൽ പതുക്കെ പതുക്കെ ചിത്തവൃത്തികൾ കുറയും ചിത്തവൃത്തികളാണ് കാമം ആഗ്രഹം എന്ന് പറയണത് അജ്ഞാനം ചിത്തവൃത്തികൾ കൊണ്ട് ചിത്തവൃത്തികൾക്ക് പരിഹാരമേ ഇല്ല അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൻ ആൻസർ സെഷൻ വലിയ കാര്യമില്ല എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റിൻ ഒരു ചിത്തവൃത്തിയാണ് ഞാൻ പറയുന്ന ആൻസറും ഒരു ചിത്തവൃത്തിയാണ് നമ്മളുടെ ഈ സത്സംഗത്തിനൊക്കെ ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ ഈ സത്സംഗം കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ ചിത്തവൃത്തികളില്ലാത്ത യോഗസ്ഥിതിയിൽ നമ്മൾ ഇരിക്കണം ഒരു ചിത്തവൃത്തി ഒരു വിചാരം അടുത്ത വിചാരവും വരുന്നതിന്റെ നടുവില് ഒരു ഉണ്ട് ആ നിശ്ചലതയാണ് നമ്മുടെ സ്വരൂപം ഓരോ വിചാരത്തിന്റെ നടുവിലും നിശ്ചലതയുണ്ട് അതുകൊണ്ട് വിചാരിച്ചു ആർക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല ആ വിചാരമൊക്കെ അവസ്തമിക്കണം ചിന്ത അസ്തമിക്കണം ചിന്തയില്ലാത്ത സ്ഥിതിയിലിരിക്കണം അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കാൻ പാടില്ല അതാണ് കുഴപ്പം പിന്നെ എങ്ങനെയെന്ന് ചോദിക്കും എങ്ങനെയെന്നുള്ളതിനകമേ ചോദ്യത്തിന് അർത്ഥമേ ഇല്ല ഈ പറഞ്ഞത് ഉടനെ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു പതുക്കെ കുറയ്ക്കുക കോൺഷ്യസ്ലി യു അവോയ്ഡ് എന്തെങ്കിലും നമ്മൾക്ക് ചിന്ത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ ആ വസ്തുവിനെ ത്യജിക്കുക അല്ലെങ്കിൽ ആ വസ്തുവിനെ ഏതാണോ എളുപ്പം അത് ചെയ്യുക ആ വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിക്കാമെങ്കിൽ ഉപേക്ഷിക്കൂ ആ വസ്തുവിനെ തന്നെ ഉപേക്ഷിക്കാമെങ്കിൽ ഉപേക്ഷിക്കൂ എങ്ങനെയാണെങ്കിൽ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക ഇതിന് പേരാണ് സന്യാസം ഇതാണ് സന്യാസം ഒന്നിൽ വസ്തു അല്ലെങ്കിൽ ചിന്ത വസ്തു അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ചിന്തയില്ലാതിരിക്കാമെങ്കിൽ നല്ലത് കാരണം ചിന്തയാണോ മുഖ്യം ഒരു പക്ഷെ വസ്തു പോയാലേ ചിന്ത പോകുള്ളൂ എങ്കിൽ വസ്തുവിനെ വിട്ടിട്ടെങ്കിലും ചിന്തയിൽ രക്ഷപ്പെടുക ചിന്തകൾ കുറയും തോറും ചിത്തവൃത്തികൾ കുറയും തോറും നമ്മൾ നമ്മളാവും ചിത്തവൃത്തികൾ ഉണ്ടാകും തോറും നമ്മൾ ചിത്തവൃത്തിയാവും ഒരു ചിത്തവൃത്തി നമ്മളുടെ സ്വരൂപമല്ല സാക്ഷിയായിരിക്കുന്ന നിശ്ചലബോധമാണ് നമ്മളുടെ സ്വരൂപം ആ നിശ്ചല ബോധത്തിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ കൊണ്ടുപോവുന്നതാണ് സത്സംഗം അല്ലാതെ സത്സംഗത്തിൽ നിന്നും ഒന്നും അറിയാനില്ല അതുകൊണ്ടാണ് ഈ നോട്ട് മേക്കിംഗ് ഒന്നും വേണ്ട എന്ന് പറയണത് ഒക്കെ എഴുതി വെച്ചിട്ട് ആ നോട്ടു പുസ്തകമൊക്കെ അവിടെ ഇരിക്കും അത്രേ ഉള്ളൂ എല്ലാ നോട്ട് പുസ്തകവും അവസാനിക്കണം ബ്രെയിനിലുള്ള നോട്ടു പുസ്തകമൊക്കെ അവസാനിക്കണം ആ നിശ്ചലത യോഗസ്ഥിതിയാണ് ആ യോഗസ്ഥിതി അല്പ അല്പം അഭ്യാസം കൊണ്ട് അകമയ്ക്ക് നേടിയെടുക്കണം നമുക്ക് നാമജപമൊക്കെ ചെയ്യാൻ പറയുന്നത് അതിനാണ് അനേക ചിത്തവൃത്തികളായി മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാൻ ജപം ചെയ്തുകൊണ്ടേ ഇരിക്കേ ഇരിക്കേ ഇരിക്ക ചിത്തവൃത്തികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും ചിത്തവൃത്തികൾ കുറയും തോറും സദാ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു അനുഭവവേദ്യമാവും ഭഗവാൻ എപ്പോഴും ഉള്ളിലുണ്ട് ആ ഭഗവാനെ നമ്മളെ പതുക്കെ കണ്ടു തുടങ്ങും നേടിയെടുക്കേണ്ട വസ്തുവല്ല എന്നറിയും അതാണ് യോഗസ്ഥിതി ആ യോഗസ്ഥിതി നേടിയെടുത്ത ശേഷം ലോകത്തിൽ വ്യവഹരിച്ചിട്ടും എന്താ ഒരു ഉദാഹരണം പറയണത് ഈ കുംഭം തലയിൽ വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യും നർത്തനം കുമ്പാട്ടം എന്ന് പറയും പാലക്കാട് സൈഡൊക്കെ ചിലയിടത്തൊക്കെ തമിഴ്നാട്ടിലെ ഇതിന് ഇവിടെ എന്താ പറയാ അങ്ങനെയുണ്ടോ ഇവിടെ സമ്പ്രദായം തലയിൽ കുംഭം വെച്ചുകൊണ്ട് ഉണ്ടോ ഇവിടെ ഒന്നുമില്ല തലയിൽ കുംഭം വെച്ച് പുറത്ത് ചുവട്ടിൽ ഒരു താലം ഒരു താമ്പാളം വെച്ച് അതിന്റെ മേലെ കാല് വെച്ചുകൊണ്ട് നർത്തനം ചെയ്യും ആ പാട്ടിനും താളത്തിനും അനുസരിച്ചായിരിക്കും ഡാൻസ് മൗലിസ്ഥ കുംഭപരിരക്ഷണധീഹി നടി വിദ്യാരണ്യസ്വാമികൾ അത്ഭുതമായ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ഒരു നടി ഈ നർത്തനം ചെയ്യുന്നവൾ അവളെ പോലെയാണ് ജ്ഞാനി എന്നാണ് ജ്ഞാനി എങ്ങനെയെന്ന് വെച്ചാൽ പുങ്കാനുപുങ്ക് വിഷയക്ഷണ തത്വരൂപി ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ലോക വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപദേശിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണു ജ്ഞാനി പെർഫെക്റ്റ് ആയ കർമ്മയോഗി ഉള്ളില് ആ യോഗം നേടിയെടുത്തു കഴിഞ്ഞു എന്നിട്ട് വെളിയിൽ ഭംഗിയായി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു എന്തെന്ത് അയാൾക്ക് പ്രാരബം അനുസരിച്ച് എന്തെന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യുന്നു അതെങ്ങനെ ഒരു ലൗകികനെക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ലൗകികന് പോലും ചെയ്യാൻ പറ്റില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് പുങ്കാനുപുങ്ക് വിഷയക്ഷണ തത്പരൂപി എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ജാഗ്രതയാണ് ബ്രാഹ്മണ മഹർഷി ഊണ് കഴിച്ചാൽ ആ ഇലയിൽ ഒരു വറ്റ് ചോറ് പോലും ബാക്കിയുണ്ടാവില്ല എന്നാണ് അത്ര ഊണ് കഴിച്ച ഇലയാണെന്ന് പോലും അറിയില്ല ഭഗവാന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് മുത്തു മുത്തുപോലെ ഉണ്ടാവും ചെറിയ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിലും അത്രയധികം ശ്രദ്ധ കണ്ടാൽ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല ഇത്ര ശ്രദ്ധയോടെ ചെയ്യാൻ പുങ്കാനുപുങ്ക് വിഷയക്ഷണ തത്പരൂപി ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളും ശ്രദ്ധിക്കുന്നവരായി ഇരുന്നിട്ടും ബ്രഹ്മാവലോക ദിഷണാംന ജഹാദി യോഗി ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ഒന്നും കാണുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റൂട്ടഡ് ഇൻ ബ്രഹ്മൻ ബ്രഹ്മത്തിൽ തന്നെ ലഗ്നവുമായ ബുദ്ധിയോടുകൂടെ ഇരിക്കുന്ന ആള് അതിന് വിട്ടുകളയണേ ഇല്ല എന്നാണ് വ്യവഹാരമൊക്കെ ചെയ്യുമ്പോഴും ബ്രഹ്മാവലോകിഷണാം ജഹാദി യോഗി എങ്ങനെയെന്ന് വെച്ചാൽ സംഗീത താള ലയ നൃത്യവശം ഗതാപി ഒരു നർത്തന സ്ത്രീ നർത്തകി സംഗീതത്തിനനുസരിച്ചും താളത്തിനനുസരിച്ചും ലയത്തിനനുസരിച്ചും ഒക്കെ തന്റെ ചുവടുകൾ മാറ്റി നർത്തനം ചെയ്യുമ്പോഴും മൗലിസ്ഥ കുംഭപരിരക്ഷണധീഹി നടീവ് തലയിൽ വെച്ചിരിക്കുന്ന ആ കുംഭം ചരിയാതെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അതേപോലെ പ്രാരബ്ദത്തിന്റെ സംഗീതത്തിനും താളത്തിനും അനുസരിച്ച് തന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെ നർത്തനം വേണോ ആ നർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോഗി ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രാരബ്ദം ഒരാൾ ഒരാളെ പോലെയല്ല എല്ലാവരുടെ ജീവിതം വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് സത്യദർശികളായി ജ്ഞാനികൾ വളരെ നാച്ചുറലാണ് അവർക്ക് അവരുടെ പ്രാരബം എന്തോ ആ പ്രാരബ്ദം അതിലൊന്നും ഒന്നുമില്ല ആ പ്രാരബ്ദം അനുസരിച്ചൊക്കെ നടക്കുമ്പോഴും പക്ഷെ അവരുടെ ശ്രദ്ധ എവിടെയാ ഈ പ്രാരബ്ദത്തിലൊന്നും ഇല്ലേയില്ല അതെന്തു പ്രാരബ്ദാണ് അതിനാണ് ഭാഗവതത്തിൽ വിവിധ തരം മഹാത്മാക്കളെ യോഗികളെ പറഞ്ഞത് അംബരീഷൻ ചക്രവർത്തി കുചേലൻ പരമദരിദ്രൻ അംബരീഷൻ എല്ലാത്തിനും നടുവിലും ഇരിക്കുന്നു ഋഷഭയോഗീശ്വരൻ എല്ലാത്തിനും നടുവിൽ ചക്രവർത്തിയായിട്ടിരിക്കുന്നു കുചേലൻ പരമദരിദ്ര ബ്രാഹ്മണനായിട്ടിരിക്കുന്നു ഇവരൊക്കെ ഒരേപോലെ ജ്ഞാനികളാണ് ബ്രഹ്മനിഷ്ഠരാണ് ഓരോരുത്തർ ഓരോ തരത്തിലാണെന്ന് മാത്രം അപ്പൊ അവരുടെ പ്രാരബത്തിനനുസരിച്ച് എന്തൊക്കെ കളിക്കേണ്ടി വന്നാലും എന്തൊക്കെ തന്നെ വ്യവഹാരം ഉണ്ടെങ്കിലും ശ്രദ്ധ എവിടെ ഈ ജ്ഞാനം ചലിക്കാതെ ഇരിക്കുന്നതിലാണ് ആ ജ്ഞാനം ചലിക്കില്ലേ അവർക്ക് ശ്രദ്ധ അവിടെ നാച്ചുറൽ ആയിരിക്കണം അത് ശ്വാസപ്രശ്വാസത്തിനേക്കാൾ നാച്ചുറൽ ആയിരിക്കുന്നു അങ്ങനെ ആ ജ്ഞാനത്തിൽ നിഷ്ഠനായിരുന്നു കൊണ്ട് ലോകവ്യവഹാരം ചെയ്യുന്ന ആളുകളെ ഒരു പരമ്പരയെ സൂര്യന് ഉപദേശിച്ച് സൂര്യവംശത്തിൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഭഗവാനോട് പറയണത് അങ്ങനെയുള്ള രാജാക്കന്മാർ രാജ്യം ഭരിച്ചാൽ എങ്ങനെയുണ്ടാവും ഉപനിഷത്തിൽ കുറേ മഹർഷിമാരായിട്ട് കൂടെ ആറു മഹർഷിമാരായി ചേർന്ന് അശ്വപതി എന്ന മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് ബ്രഹ്മവിദ്യ ചോദിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യൂ എന്ന് പറയണു രാജാവാണ് ഇവര് ഋഷികളാണ് ഇവര് തപസൊക്കെ ചെയ്തിട്ടും ജ്ഞാനം ഉണ്ടായില്ല അപ്പൊ രാജാവ് വലിയ ജ്ഞാനിയാണെന്ന് അറിഞ്ഞ അശ്വതിയോട് ചോദിക്കുക ആ രാജ അശ്വതിക്ക് ജ്ഞാനിയായി രാജ്യം ഭരിക്കുന്ന അശ്വതി അശ്വപതി പറയാണ് എന്റെ രാജ്യത്തിൽ കള്ളന്മാരില്ല ചൂതുകളിക്കാരില്ല സ്വൈരികളില്ല സ്വൈരിണികളെ കുറിച്ച് പറയാൻ എന്തുകൊണ്ട് ദുഷ്കർമ്മം ചെയ്യുന്ന ആരുമില്ല ഇവിടെ കള്ളം പറയുന്നവരാരും ഇല്ല ചതിക്കുന്നവരാരും ഇല്ല ഇവിടെ അഗ്നിഹോത്രികൾ അല്ലാത്തവർ ആരുമില്ല തപസ് ഇല്ലാത്തവരില്ല എന്നൊക്കെ അശ്വപതി ഈ ഋഷികളോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അശ്വപതിയോട് ചോദ്യം ചോദിച്ച് അശ്വപതി ജ്ഞാനോപദേശം ചെയ്യുന്നതായിട്ട് ഉപനിഷത്തിലുണ്ട് അപ്പൊ രാജാക്കന്മാർ അങ്ങനെയുള്ളവരായിരുന്നു അതാണ് കൈകേകി ഈ അശ്വപതിയുടെ മകളാണ് അതാണ് ഭരതന് കോപം വരുമ്പോ കൈകേകിയോട് പറയണെ നത്വം അശ്വപതേ കന്യാ ധർമ്മരാജസ നീ അശ്വപതിയുടെ മകളല്ല കൈകേകി വിപരീതമായി പെരുമാറിയപ്പോ രാമായണത്തിൽ കാട്ടിലേക്ക് പോയി ഋഷികളൊക്കെ വന്ന് ശ്രീരാമനോട് വന്ന് പറഞ്ഞു ഞങ്ങളെയൊക്കെ രക്ഷിക്കണം ഇതാ രാക്ഷസന്മാരൊക്കെ തിന്നിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണോ കൊറേ ഋഷികളുടെ ശരീരത്തിന് ഇവരിൽ നിന്നൊക്കെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിനാണ് ഞാനിതാ വില്ലും അമ്പുവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ സംരക്ഷിക്കണ ചുമതല ഞാനിതാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതും സീതയുടെ മുഖം മ്ലാനമായി സീത പറഞ്ഞു സ്വാമി എന്തിനാ ഈ കാട്ടിലെ ഈ അമ്പും വില്ലുമൊക്കെ നമുക്ക് അവരൊക്കെ കണ്ടില്ല എത്ര ശാന്തമായിട്ടിരിക്കണം അങ്ങേക്ക് ഇനി വാസന പോയില്ലെ ഈ ആയുധവും കൊണ്ട് എന്തിനാ ഈ കാട്ടിലെ ദേശധർമ്മസ്തു പൂജ്യതാം ഈ നോക്കുക എത്ര പ്രശാന്തമായിട്ടിരിക്കും നമുക്കിനി തിരിച്ച് അയോധ്യയിലേക്കേ പോകണ്ട നമുക്ക് ഈ കാട്ടിൽ തന്നെ വസിക്കാം എല്ലാവർക്കും സന്തോഷവും ഭരതന് രാജ്യം ഭരിക്കട്ടെ നമ്മൾ കാട്ടിൽ വസിക്കാം ഇവിടെ തപസ് ചെയ്യാം ക്വചക്ഷാത്രം ഈ തപസ് എവിടെ ഈ ക്ഷാത്രധർമ്മം എവിടെ അതുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം ഈ വില്ലും അമ്പുവൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ വാസന കാരണം ഇത് ഉപയോഗിക്കണമെന്ന് തോന്നും അതുകൊണ്ട് നമ്മൾക്ക് ക്ഷുതി വന്നു അതുകൊണ്ട് വേണ്ട എന്ന് സീത പറയണത് കേട്ടപ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് സീതയോട് പറയണു നീ സംസാരിക്കുന്നത് ആരെങ്കിലും വഴിയിൽ കേട്ടുകൊണ്ടുപോയാൽ നീ ജനകപുത്രിയല്ലേ എന്ന് ചോദിക്കും ജനകനന്ദിനി എന്നാണ് ഭഗവാൻ സീതയെ വിളിക്കണത് എന്താന്ന് വെച്ചാൽ ആ ജനകൻ അച്ഛനാണെന്നുള്ളത് ന്യായീകരിച്ചു ഇവിടെ അപ്പൊ അത്തരത്തിലുള്ള രാജാക്കന്മാര് ഭരിച്ച രാജ്യം അവരൊക്കെ ജ്ഞാനനിഷ്ഠന്മാരായിട്ടുള്ളവർ ഭരിച്ച രാജ്യം ആ ജനകമഹാരാജാവാണ് ശ്രീ സുഖബ്രഹ്മ മഹർഷിക്ക് തന്നെ ബ്രഹ്മോപദേശം ചെയ്യണത് ശുഖാചാര്യർക്ക് തന്നെ ജ്ഞാനമുണ്ടായിട്ട് ഒരു തൃപ്തി ഉണ്ടായില്ല വ്യാസനോട് ചോദിച്ചു എനിക്കുണ്ടായ ജ്ഞാനം പൂർണ്ണമാണോ വ്യാസൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ജനകന്റെ അടുത്തേക്ക് പോകുക ജനകമഹാരാജാവ് തീരുമാനിക്കട്ടെ അങ്ങ് പൂർണനാണോ അല്ലയോ എന്ന് ചക്രവർത്തിയാണ് പക്ഷെ ജ്ഞാനിയാണെന്നാണ് വിദേഹൻ ദേഹത്തിരുന്നു കൊണ്ട് ദേഹത്തിൽ ഇല്ലാതിരിക്കുന്നു അത്ര എല്ലാത്തിനും നടുവിലിരുന്ന് രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വിദേഹനാണത്ര അദ്ദേഹം അദ്ദേഹത്തിന് ദേഹമില്ലാന്നാണ് ദേഹബോധമില്ലാതിരിക്കുന്നു എന്നാണ് എന്നിട്ട് വ്യവഹാരം ചെയ്യുകയും ചെയ്യുന്നു അത് വളരെ അപൂർവമായി അങ്ങനെയുള്ള ജീവൻമുക്തന്മാരായ രാജാക്കന്മാര് പോലും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നു അതാണ് നമ്മളുടെ രാജ്യത്തിന്റെ കാര്യം അല്ലാതെ ഒളിമ്പിക്സിന് പോയിട്ട് പരമപൂജ്യന്മാരായിട്ട് വരേണ്ടതല്ല അതറിയോ പരമപൂജ്യം എന്ന് വെച്ചാൽ രണ്ടർത്ഥം ഉണ്ടല്ലോ പൂജ്യം വട്ടപൂജ്യം നമ്മൾക്ക് വേറെ ഒരു തൊഴിലും ഇവിടെ ഇല്ല ഈ രാജ്യത്തിന്റെ ശ്രൈഷ്ട്യം ഇങ്ങനെയുള്ള പരമ്പരയിലാണ് ഇങ്ങനെ എത്രയോ മഹാത്മാക്കൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് ജ്ഞാനികൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് ബ്രഹ്മനിഷ്ഠന്മാർ ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് അവരുടെ പരമ്പരയില് ക്രമേണ ക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു ഈ ജ്ഞാനം നേടിയെടുത്തിട്ടേ രാജ്യം ഭരിക്കാൻ പാടുള്ളൂ എന്ന് സൂര്യവംശ രാജാക്കന്മാർ തീരുമാനിച്ചിരുന്നു അത്രേ അതാണ് ഇഷുവാകു കൊറേ ശ്രമ അല്ല മുചുകുന്ദൻ കുറെ ശ്രമിച്ചു ജ്ഞാനത്തിനായിട്ട് യോഗ സാധനമൊക്കെ ചെയ്ത് നോക്കി പ്രാണായാമൊക്കെ ചെയ്തു നോക്കി മുചുകുന്ദനും ഈ സൂര്യവംശത്തിൽ വന്ന രാജാവാണ് യോഗ സാധനമൊക്കെ ചെയ്തു നോക്കി അദ്ദേഹത്തിന് ഒന്നും പറ്റണില്ല യോഗത്തിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവസാന യുദ്ധത്തിന് വിളിച്ചു ദേവലോകത്തിലേക്ക് പോയി യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോ ദേവന്മാർ ചോദിച്ചു എന്ത് വരവാ വേണ്ടത് ചോദിച്ചു അതേ പറഞ്ഞു എനിക്ക് വരവൊന്നും വേണ്ട ഞങ്ങളുടെ പരമ്പരയിൽ എല്ലാവരും ജ്ഞാനികളായിരുന്നു എനിക്ക് ജ്ഞാനോപദേശം ചെയ്യണം ദേവന്മാർ പറഞ്ഞു അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ ജ്ഞാനികളാണെങ്കിൽ ഞങ്ങൾ എന്തിനും ഇവിടെ വിഷമിച്ചിരിക്കണു അതുകൊണ്ട് വേറെ എന്തെങ്കിലും വരം ചോദിക്കൂ അപ്പൊ മുജുകന്ദൻ പറഞ്ഞു ഇനിയും എനിക്കിപ്പോ രാജ്യവും അതൊന്നും വേണ്ട രാജാവായിട്ടൊക്കെ ഇരിക്കാം പക്ഷെ ജ്ഞാനിയായിട്ട് ഇരുന്നുകൊണ്ട് ഇരുന്നാൽ വേണ്ടില്ല ഈ ജ്ഞാനം നേടാതെ ഞാൻ ചക്രവർത്തി പദം പോലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങാം മനസ് ഉദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം വരണോ സംസാര ബന്ധം വരണോ അതിനേക്കാളും നല്ലത് എവിടെങ്കിലുമൊക്കെ ഒരു ഏകാന്തത്ത് കിടന്ന് ഉറങ്ങുന്നതാണെന്ന് തീരുമാനിച്ചു മച്ചുകുന്ദൻ അപ്പൊ ദേവന്മാരൊരു വരം കൊടുത്തു കാട്ടിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങാം ഒരു ഗുഹയിൽ അദ്ദേഹം കൂർക്കം വലിച്ചു ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങി എഴുന്നേറ്റ് ആരെ നോക്കുന്നു അവര് ഭസ്മമാവോ അത്രേ ഒരു വരം കൊടുത്തു അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാലയവനനെയും കൊണ്ട് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഈ കാലയവനൻ മുച്ചുകുന്ദന്റെ ദർശനത്തിൽ ഭസ്മമാവുന്നതും ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം മുച്ചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാനോട് തനിക്ക് ആത്മാനുഭവത്തിനായി ഭഗവാനെ എനിക്ക് വരൊന്നും വേണ്ടെന്നാണ് എന്തു വരം വേണം ചോദിക്കൂ എന്ന് ഭഗവാൻ മുച്ചുകുന്ദനോട് പറയുമ്പോൾ മുച്ചുകുന്ദൻ പറഞ്ഞു വരാൻ വിഭോ ത്വരദേശ്വരാദ് കഥം വൃണീത ഗുണവിക്രിയാത്മന ഇങ്ങനെ വരം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭഗവാനേ എനിക്ക് യാതൊരു വരവും വേണ്ട തസ്മാ വിസൃജ്യ ആശിഷ ഈശ സർവരജസ്ത സത്വുണാനുബന്ധന നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം വ്യക്തിമാത്രം പുരുഷം വ്രമ്യം എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അതൊക്കെ ഞാൻ എന്നെ തന്നെ ബന്ധിക്കാനോ ഒരു കയറ് വാങ്ങിയ പോലെ ആവും അതുകൊണ്ട് എനിക്ക് ഒരു വരവും വേണ്ട നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ഞപ്തിമാത്രം പുരുഷം പ്രജാമ്യഹം ഒരു കളങ്കമേൽക്കാത്തതും സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാത്തതും രണ്ട് എന്നുള്ള അനുഭവം കേവലം ഞപ്തി എന്ന് വെച്ചാൽ അറിവ് അവബോധം മാത്രമായിട്ടുള്ളതുമായ ആ സ്ഥിതി ആ സ്റ്റേറ്റ് സെൽഫ് റിയലൈസേഷൻ ആത്മാനുഭവം എനിക്ക് തരൂ അതിനെ മാത്രം ഞാൻ വരിക്കുന്നു എന്നും മുച്ചുകുന്ദൻ ഭഗവാനോട് ചോദിക്കുന്നു ഇതാണ് സൂര്യവംശം ഭഗീരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഈ സൂര്യവംശത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എന്തറിയാം ഗംഗയെ കൊണ്ടുവന്നു എന്നറിയാം അല്ലെ ഒരുപക്ഷെ ഗംഗയെ കൊണ്ടുവന്നു എന്നുള്ളത് ആന്തരികമായ അദ്ദേഹം ചെയ്ത് തപസ് ചെയ്ത് നേടിയ എന്തോ ഒരു അനുഭവത്തിനെ സിംബോളിക്കായിട്ട് പറയുന്നതായിരിക്കാം ഗംഗ എന്നുള്ളത് ഒരുപക്ഷെ ഈ ബാഹ്യ ഗംഗയാണോ എന്ന് പോലും പലർക്കും സംശയമുണ്ട് അരബിന്ദോ പറയുന്നത് വേദത്തിൽ ഗംഗ യമുന സരസ്വതി എന്നൊക്കെ പറയുന്നതൊക്കെ യോഗികൾ ആന്തരികമായി അനുഭവിക്കുന്ന ചില മണ്ഡലങ്ങളാണെന്നാണ് അന്തർവാഹിനിയായ ചിത് ശക്തിക്കാണ് സരസ്വതി എന്ന് പറയുന്നത് അറിവിന്റെ പല മണ്ഡലങ്ങളെയാണ് നദികൾ പോലെയൊക്കെ സങ്കല്പിച്ചത് അവസാനം ആ യോഗികൾ മന്ത്രത്തിൽ പറഞ്ഞതിനെയൊക്കെ ബാഹ്യ നദികൾക്ക് പേരായിട്ടിട്ടു ഇപ്പൊ ഗായത്രി എന്നുള്ളത് പെൺകുട്ടികൾക്ക് പേരായിട്ടിട്ടില്ലേ അതുപോലെ ബാഹ്യമായും പേരിട്ട് വന്നതാണോ എന്ന് പോലും അദ്ദേഹം പലയിടത്തും സംശയിക്കുന്നുണ്ട് അപ്പൊ ഗംഗ ഗംഗയെ ഭഗീരഥൻ കൊണ്ടുവന്നു ആ ഭഗീരഥന്റെ ചരിത്രം യോഗവാസിഷ്ഠത്തിൽ വരുന്നു ഇതൊക്കെ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കേണ്ടത് വശിഷ്ഠൻ ആ വംശത്തിലാണ് രാമ നീ വന്നത് ഭഗീരഥൻ ജ്ഞാനോപദേശം നേടി കുലഗുരുവിൽ നിന്നും രാജാവായിരിക്കുമ്പോൾ ജ്ഞാനം എന്നാലും ഉറച്ചു കിട്ടണില്ല ബുദ്ധിക്കൊക്കെ നല്ലവണ്ണം മനസ്സിലാവുന്നു ഞാൻ ദേഹമല്ല എന്നും മനസ്സല്ല എന്നും ഞാൻ ആത്മാവാണെന്നും ഒക്കെ അറിയുന്നു എന്നാൽ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് രാജ്യഭരണം ചെയ്യാൻ പറ്റണില്ല ദ്വേഷം വരുന്നു വെറുപ്പ് വരുന്നു ശത്രു ഇത്രം എന്നുള്ള തോന്നുന്നു ഇതൊക്കെ തോന്നുന്നത് ആ സ്ഥിതിയിൽ നിൽക്കാൻ പറ്റണില്ല അപ്പോ രാജാവ് ഗുരുവിനോട് ചോദിച്ചു നമ്മളുടെ പൂർവികന്മാരൊക്കെ ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് രാജ്യം ഭരിച്ചു എന്ന് അങ്ങ് പറയണു എനിക്ക് സാധിക്കണില്ലല്ലോ യോഗസ്ഥിതിയിലിരുന്നുണ്ട് അപ്പൊ ഗുരു അത്ര ശ്രേഷ്ഠനായ ഗുരുവായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹേ രാജൻ തരം കിട്ടുമ്പോ ഇതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടെങ്കിലും ഈ യോഗസ്ഥിതി നേടിയെടുക്കുക അയൽ രാജ്യത്തിലെ രാജാവ് ആക്രമിക്കാനായിട്ട് വന്നു അതുപോലും വിരളമായിരുന്നു അത്ര അന്നത്തെ കാലത്ത് ഈ ആക്രമിക്കുക പിടിച്ചടക്കുക ഒക്കെ തന്നെ യോഗം നഷ്ടമായ സമയത്ത് തുടങ്ങിയ ഏർപ്പാടാണ് ഇഷുവിന്റെയും മനുവിന്റെയും കാലത്ത് ഈ ആക്രമണം ഒന്നുമില്ല ഭാഗവത കഥകളിലൊന്നുമില്ല അങ്ങനെ ആക്രമിക്കുകയും പിടിച്ചടക്കുകയും ഒന്നുമില്ല രാജ്യത്തിലെ രാജാവ് ആക്രമിക്കാമെന്നപ്പോ അയാളോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഭഗീരഥ ചക്രവർത്തി ആ രാജാവിനെ ചെന്ന് ആലിംഗനം ചെയ്തു അങ്ങേക്ക് ഈ രാജ്യമല്ലേ വേണ്ടത് എടുത്തോളൂ ആ തന്റെ രാജ്യം ആ രാജാവിനെ അർപ്പണം ചെയ്ത് രാജാവ് ഭിക്ഷുവായിട്ട് തന്റെ രാജ്യത്തിൽ തന്നെ ഭിക്ഷയെടുത്ത് നടന്നു മന്ത്രി തൻ ഒന്ന് ആലോചിച്ച് നോക്ക നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യും അവരവരുടെ നാട്ടിലെ എല്ലാ അഭിമാനവും ഉള്ള ചക്രവർത്തി പഥത്തിലുള്ള ആള് തന്റെ ചുവട്ടിൽ ചെയ് ജോലിക്കാരായിട്ടിരുന്നവരുടെ വീട്ടിലും മന്ത്രിയുടെ വീട്ടിലും സേനാധിപതിയുടെ വീട്ടിലുമൊക്കെ പോയി ഭിക്ഷ എടുത്തു അവരൊക്കെ യാചിച്ചു രാജാവെ ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നടക്കരുത് എന്ന് യാചിച്ചതൊന്നും ചെവിക്കൊള്ളാതെ രാജാവ് യാചിക്കുകയും ഭിക്ഷ അങ്ങനെ തനിക്ക് അഹങ്കാരം നിശേഷ അഭിമാനം ഇല്ലെന്ന് തീരുമാനിച്ച് വീണ്ടും ആ രാജ്യം വിട്ടു പോയി പല സ്ഥലങ്ങളിലും നടന്നു ഇതിനിടയിൽ ആ ശത്രു തന്നെ വീണ് നമസ്കരിക്കുകയും പാദപ്രക്ഷാളനാദികൾ ചെയ്യുകയും അങ്ങ് രാജ്യം സ്വീകരിക്കണം പറയുകയും ചെയ്തിട്ടും സ്വീകരിച്ചില്ല കുറെ കാലം പരിവ്രാജകനായിട്ട് നടന്നു എവിടെയോ ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് പല ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട് പൂർണ്ണമായി ബ്രഹ്മനിഷ്ഠനായിട്ട് തീർന്നു എന്നിട്ട് ഇനി തനിക്കൊന്നും നേടിയെടുക്കാനില്ല ഇനി രാജ്യം വാ ഒക്കെ സമം ഇനി രാജ്യത്തിലിരുന്നാലും ശരി എവിടെ ഇരുന്നാലും തനിക്ക് ഇനി അഹങ്കാരമോ അജ്ഞാനമോ ആഗ്രഹങ്ങളോ ദ്വൈത ബുദ്ധിയോ വരില്ലെന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരിക്കലും അവധൂതനായി ഒരു രാജ്യത്തിൽ നടക്കുമ്പോ ആ രാജ്യത്തിലെ രാജാവ് മരിച്ചിരിക്കുകയാണ് അവിടെ ആനയെ പൂജിച്ച് ആനയുടെ കയ്യിൽ മാലയൊക്കെ കൊടുത്ത് ആരെങ്കിലും ആരുടെ കഴുത്തിൽ അണിയിക്കുന്നു അവരെ രാജാവാക്കാനായി ആനയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ആ ആന ഭഗീരഥന്റെ കഴുത്തിൽ മാലയിടുകയാണ് ഭഗീരഥനെ രാജാവായി അഭിഷേകം ചെയ്തു ഗംഭീരമായിട്ട് രാജ്യ ചെയ്തു താൻ ത്യാഗം ചെയ്ത രാജ്യവും അവസാനം അദ്ദേഹത്തിന് തന്നെ സമർപ്പിക്കപ്പെട്ടു അവിടെയും ഭരണം ചെയ്തു അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പിന്നെ ഗംഗാ അവതരണത്തിനായി എല്ലാം സന്യസിച്ച് ഹിമവത് പാർശ്വത്തിൽ തപസരിക്കുന്നത് അത്തരത്തിലുള്ള ഭഗീരഥന്റെ വംശത്തിലാണ് ശ്രീരാമൻ വരുന്നത് ഇതൊക്കെ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നു രാമൻ ഈ ഭഗീരഥൻ തപസ് ചെയ്തതും ചക്രവർത്തിയായിരുന്നു ഞാനസ്ഥിതനായിരുന്നു ഒരാൾക്ക് രാജാവിന് ജ്ഞാനിയായിരിക്കുമെങ്കിൽ അടുക്കള പണിയെടുക്കുന്ന നിങ്ങൾക്കും ഒരു ചെറിയ ഓഫീസിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ട് ആ സ്ഥിതിയിൽ ഇരുന്നു കൂടാ രാജാവിന് എത്ര വിഷമങ്ങളുണ്ട് എത്ര പ്രശ്നങ്ങളുണ്ട് ചണ്ടാളത്തെരുവിൽ പോയി ഭിക്ഷയെടുത്ത് ജീവിച്ചിട്ടെങ്കിലും ഈ സത്യം കണ്ടെത്തണം രാമ എന്ന് വസിഷ്ഠൻ പറയണം വരം ശരാവഹസ്ത ചണ്ടാളാഘാത വീതിഷു ഭിക്ഷാർത്ഥമടനം രാമാന മൗർഖ്യഹത ജീവിതം ഒരുപക്ഷെ അഗ്രഹാരങ്ങളിൽ കിട്ടില്ലെങ്കിൽ കാശി പോലെയുള്ള തീർത്ഥക്ഷേത്രങ്ങളിൽ കിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ചണ്ടാളത്തെരുവിലാണ് ഒരു ജ്ഞാനി അവിടെ ചെന്നും അദ്ദേഹത്തിന്റെ കാൽക്കല്ല് വീണ് ഈ സത്യം കണ്ടെത്തി കൃതാർത്ഥനാവുക അത്രയധികം ഈ ജ്ഞാനത്തിന് പ്രാമുഖ്യം കൊടുത്ത ഒരു പരമ്പര കുറേ കഴിയുമ്പോൾ ഇന്ദ്രിയ ദൗർബല്യം ആളുകളെ കൊണ്ട് നിറഞ്ഞു അവർക്ക് ബാഹ്യ വിഷയങ്ങൾ പ്രധാനമായി ജ്ഞാനം അങ്ങനെയാണോ നഷ്ടപ്പെടുന്നത് ഇപ്പോൾ മോഡേൺ സ്പിരിച്വൽ ഹാഗിയോഗ്രാഫി എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാം ഏകദേശം തുടങ്ങിയത് രാമകൃഷ്ണ പരമവംസർ മുതൽക്കാണ് ഒരു ഒരു ഒരു സ്റ്റോം അടുത്ത കാലത്ത് ആ രാമകൃഷ്ണ പരമഹംസരും രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാരും വിവേകാനന്ദനും ആ ശിഷ്യപരമ്പരയുടെ ഒക്കെ ഒരു പ്യൂരിറ്റി നോക്കുക പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെ രമണഭഗവാന്റെ ശിഷ്യന്മാരും അവരും ഒക്കെ ഒതുങ്ങിയതൊരു ഈ ലോകമേലാതെ ജീവിച്ചു പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ അവരുടെ ഒക്കെ ജ്ഞാനം നമുക്ക് പുസ്തകങ്ങളിലും മറ്റുമൊക്കെ നല്ലവണ്ണം പ്രചരിച്ചു കഴിയുമ്പോൾ വലിയ തപസ്സൊന്നും കൂടാതെ തന്നെ അതൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമെന്നുള്ള സ്ഥിതി വരികയും ബുദ്ധി കൊണ്ട് അവർ പറഞ്ഞ് അവരനുഭവിച്ച് പുറമേക്ക് വിട്ട സാധനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് ബുദ്ധിയിൽ വെക്കുകയും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സ്വച്ഛന്തം വിഹരിക്കാൻ അനുവദിക്കുകയും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടും എത്ര കണ്ടും വലിയ വലിയ പ്രൗഢിയും പണവും മറ്റു കാര്യങ്ങളും ആയിട്ട് അതിലൊക്കെ ആയി തീരുകയും ചെയ്യുമ്പോ ഈ ജ്ഞാനത്തിന്റെ ബലം കുറഞ്ഞുകൊണ്ടേ ഇതാണ് അതിന്റെ ഫിനോമിനൽ ഒരേ കഴിയുമ്പോൾ എന്താവും ആ അറിവൊക്കെ ഉണ്ടാവും പുസ്തകങ്ങളിലും ഉണ്ടാവും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പല രീതിയിലാക്കുകയും തപസ് ഇല്ലാതാവുകയും ചെയ്യുമ്പോ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും പിന്നെ അത് പുരുഷാർത്ഥ സംബന്ധിയേ ആവില്ല ഗംഗാതീരത്തിലുള്ള വീടുകളിൽ ഗംഗാജലം ബാത്റൂമിനും ലെറ്ററിനും യൂസ് വരെ പ്രധാനമായി ഉപയോഗിക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോ അഭിഷേകത്തിനും തീർത്ഥം കുടിക്കാനുമായി ഉപയോഗിക്കുന്ന ഗംഗാജലം ഗംഗാതീരത്തിലുള്ളവർക്ക് ബാത്റൂം ലാറ്ററിൻ ഫെസിലിറ്റിക്ക് അടക്കം ഉപയോഗിക്കുന്ന ജലമായി തീരുന്നത് പോലെ ഈ ബ്രഹ്മവിദ്യ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഇൻഡസ്ട്രി മാനേജ്മെന്റിനും ബിസിനസ് മാനേജ്മെന്റിനും കൂടുതൽ പണം സമ്പാദിക്കുന്നതിനും കൂടുതൽ നമ്മളുടെ വ്യക്തിത്വത്തിനെ വികസിപ്പിച്ച് പ്രബലമാക്കുന്നതിനും സമൂഹ ജീവിതത്തിനെ മോടി പിടിപ്പിക്കുന്നതിനും സമൂഹത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കുന്നതിനും ഒക്കെ ആയി ഇതിനെ മാറ്റിയെടുക്കുമ്പോ ഗംഗാജലത്തിന് ബാത്റൂമും ലട്രിനും ഉപയോഗിക്കുന്ന പോലെയാണ് ഇങ്ങനെ കുറെ കഴിയുമ്പോ എന്താവും ഗംഗ ഗംഗയല്ലാതായിട്ട് തീരും ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂമും ലെട്രിനും ഉപയോഗിക്കുന്ന ജലം വീണ്ടും ഗംഗയിലേക്ക് പോയി വീഴുമ്പോ കാശിയിൽ ഇപ്പോ പോയാൽ ഗംഗ ഒഴുകുന്നേയില്ല സ്റ്റാഗിനേറ്റഡ് ആവും നദികൾ ഓരോന്നായി തിരോധാനം ചെയ്യും പല നദികളും മറഞ്ഞുപോയി കഴിഞ്ഞു അതേപോലെ ഈ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെ സ്രോതസ്സും വറ്റിപ്പോകുമ്പോഴാണ് ഭഗവാൻ പറയണത് പുതിയ സ്ഥലത്ത് നദികളെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അന്ന് നഷ്ടപ്പെട്ടു പോയ അതേ യോഗം അർജുന തന്നെ ഞാനിതാ മുഖ്യമായി വെച്ചുകൊണ്ട് വീണ്ടും തുടങ്ങാണ് ഇപ്പൊ അർജുനന് എന്താ പ്രാധാന്യം നോക്ക ആ ശ്ലോകം നോക്ക